aha tameyami ashi ashihi ashi amshihi sneekaraavi saave marshi prasi aanyaa tamave saave saasama God, I am in the heart of me. സാമ്പത്തിക ഭാഷ്യം കമീക അദ്ദേഹിയോ ആ ഭാഗത്തിൽ ഉപയോഗിക്കുക അദ്ദേഹം ാണ് ഒരു ഭാഷകാരൻ വിശദീകരിക്കുന്നത് അതിന് ദൃഷ്ടാന്തമായി സുഷുതി പറഞ്ഞു അതിൽ ജാഗ്രത അനുഭവത്തിൽ സദാ അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ അസ്തിത്വം ഈ അസ്തിത്വത്തെ സംബന്ധിച്ച് അദ്വിതി പറയുന്നത് എന്താണോ എല്ലാം ഈ അസ്തിത്വത്തിൽ അധിഷ്ഠിതമാണ് പ്രപഞ്ച കാരണം തന്നെ ഈ അസ്തിത്വമാണ് അതിൽ നാം രൂപാത്മകമായ ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നു അതിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു ഇത് അദ്വൈതിയുടെ കാഴ്ചപ്പാട് മറ്റ് ആസ്തികന്മാർ ഇവിടെ പറയുന്നത് അവരെ ഒരുമിച്ച് പറയും ഭൂതമനും കണാതും അവരുടെ അനുയായികൻ ചിലപ്പോൾ അവരെ വൈശേഷികരെന്ന് പറയും ചിലപ്പോൾ അവരെ നയായികരെന്ന് പറയും രണ്ടു പറഞ്ഞാലും വെറുതെ പിന്നെ രണ്ടുപേരുടെയും ചിന്താഗതിയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല രണ്ടു കൂട്ടരും ഈ പ്രപഞ്ചത്തെ വിശകലനം ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണ് വസ്തുനിഷ്ഠമായി പഠിച്ചവരാണ് ഈ പ്രപഞ്ചം എന്താണ് എന്ന് പറഞ്ഞ് ദ്രവ്യം ഗുണം കർമ്മം മുഖ്യമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇതാണ് ഈ പ്രപഞ്ചം ദ്രവ്യം പൃഥ്വി തുടങ്ങിയ പദാർത്ഥങ്ങൾ ദ്രവ്യമാണ് അതിനുള്ള രൂപം ബ്രസന്ധം ഗുണമാണ് ചലനം കർമ്മമാണ് ഇതാണ് ഈ പ്രപഞ്ചത്തിലെ മുഖ്യമായ ഭാഗം ഇതിൽ പ്രപഞ്ചത്തിൻ്റെ മിക്കവാറും എല്ലാ ഘടകങ്ങളും അന്തർഭവിക്കുന്നു ഇക്കാര്യത്തിൽ രണ്ട് കൂട്ടർ ഗൗതമിന്റെ അനുയായികളും കണാദിന്റെ അനുയായികളും ഒരേ അഭിപ്രായക്കാരാണ് അവർ സത്തയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ പറയുന്ന എന്താണ് സത്ത എന്ന് പറയുന്നത് ദ്രവ്യം ഗുണം ധർമ്മം ഈ മൂന്ന് വസ്തുക്കളുടെ സ്ഥിതി തോന്നുന്നു അങ്ങനെ ഒരു സമവായ സംബന്ധം എന്ന് പറഞ്ഞൊരു സമ്മർദ്ദത്തെ സ്വീകരിക്കുന്നു ദുരവ്യഗുണകർമ്മങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു അത് മറ്റുള്ള പദാർത്ഥങ്ങളുമായിട്ട് തന്നെ ബന്ധമുണ്ട് അസുഖത്തിൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്നത് ദുരവിഗുണകർമ്മങ്ങളിലാണ് എന്താ പറയുക അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് കേവലം വിശ്വാസത്തിൻ്റെ പേര് സ്വീകരിക്കുന്നവരുണ്ട് മറ്റു ആധ്യാത്മികമായ ഏത് വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ പറയും നമ്മൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന സാധനം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലമുണ്ടാവും അപ്പം ഫലം സാധന ചെയ്താലേ ഫലമുണ്ടാവും അപ്പോൾ അതുവരെ അത് വിശ്വസിക്കേണ്ടി വരും വിശ്വസിച്ച് വരും ആധ്യാത്മികമായ എല്ലാ സമ്പ്രദായത്തിലും അതാണ് ആദ്യം ഫലം കിട്ടിയതിന് ശേഷം പിന്നെ സാധന അത് സാധ്യമാണ് ആദ്യം സാധന പിന്നെ ഫലം അപ്പോൾ സാധനയിൽ ഫലത്തെ പ്രതീക്ഷിക്കേണ്ടി വരും വിശ്വാസം സനത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയും നമ്മുടെ തത്വചനതയെ സംബന്ധിച്ച് അങ്ങനെയാണ് വിശ്വാസത്തെ നല്ല ആശ്രയിച്ചിരിക്കുന്നത് കേവലം വിവേകത്തെയാണ് പറയുന്നു സത്ത സത്തയിലാണ് സർവ്വം അധിഷ്ഠിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ചോദ്യം ചെയ്യാം എന്നും അവർ ചോദ്യം ചെയ്യും അതിനുമുമ്പ് ചോദ്യം ചെയ്തവരാണ് വൈശേഷികന്മാർ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് ഹോട്ടൽ ന്യായീവൈശേഷികന്മാർ ബൗദ്ധന്മാരും മീമാംസകരും മൂന്ന് പേരും ഈ പറയുന്ന അദ്വൈതി പറയുന്നതിനങ്ങോട്ട് സ്വീകരിക്കാൻ പ്രയാസമുള്ളവരാണ് അല്ലെങ്കിൽ അതും ഇത് പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് മനസ്സിലാക്കിയിട്ടുള്ളവരല്ല ശങ്കരാചാര്യ പറയുന്ന അദ്വീതത്തിന് മുമ്പ് തന്നെ ശരിക്കും വളർച്ച പ്രാപിച്ച ദർശനങ്ങളാണ് ഇത് മൂന്ന് മീമാംസകരും ന്യായവൈശേഷികരും ൗദ്ധന്മാർ അപ്പോൾ അവർക്കിതിനെക്കുറിച്ച് മുമ്പ് തന്നെ പല കാഴ്ചപ്പാടുകളുണ്ടായി ഒരു ആചാര്യൻ്റെ ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കുന്നു അതിന് അതിനെ പിന്തുടരാൻ കുറച്ച് പേര് വരും അപ്പോൾ അത് സമ്പ്രദായമായി മീമാംസമ്പ്രദായം ന്യായവൈശേഷ്യ സമ്പ്രദായം ബൌദ്ധ സമ്പ്രദായം ഈ സമ്പ്രദായങ്ങളെല്ലാം ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന് മുമ്പ് നിലനിന്നിരുന്നതാണ് അപ്പോൾ അതിന് അവർ ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ശങ്കരാചാര്യവിടെ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ഇതാണ് സത്തിലാണ് സർവസ്ഥിതി ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരത് ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരും ഓരോ സമ്പ്രദായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിന്തകൾ സാമ്പ്രദായികമാണ് അപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങളെങ്ങനെയാണ് പഠിച്ചത് അതങ്ങനെ മാറ്റാൻ കഴിയും ഞങ്ങൾ പഠിച്ചതങ്ങനെ മാറി ചിന്തിക്കും എന്ന് അവർ ചിന്തിക്കും അവർ ചോദ്യം ചെയ്യും അപാന സമാനം പറയും അപ്പം ഇത് പഴയകാലത്ത് നടന്നിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് പുതിയ ശാസ്ത്രങ്ങളായി പുതിയ ചിന്താഗതിയായി അപ്പം അവിടെ നമ്മളിത് പറയുമ്പോൾ അതിനും ചിന്തിക്കുന്നവർ ചോദ്യം ചെയ്യും അതങ്ങനെ സംഭവിക്കും സത്ത് അങ്ങനെ സർവസമാധാനമോ അത് മറ്റൊന്നായിക്കൂടെ ആ രീതിയിൽ നിന്നും ചിന്ത വരാം ഈ പറയുന്നതിന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരിന്നുമുണ്ട് അതിനുള്ള ഒരു പ്രത്യേകത ഇന്നിപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും ൻ ബൻ മീമാംസകര് പ്രധാനമായിട്ടും ഈ മൂന്ന് കൂട്ടരാണ് ശങ്കരാചാര്യർ എതിരാളികൾ മറ്റുള്ളവരെല്ലാം അത് കഴിഞ്ഞ വരുന്നു ഈ മൂന്ന് കൂട്ടരും അവതരിപ്പിച്ച ചിന്താഗതിയിൽ നിന്നും അപ്പുറം ഒന്നും ഇന്ന് കഴിഞ്ഞിട്ടില്ല ഇന്ന് ചിന്തിക്കുന്നവരും ഇതിനകത്തൊക്കെ പുതിയ ചിന്തകന്മാർക്കൊന്നും ഇത് കടന്നു ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിലായിരുന്നെങ്കിലും ഒന്നിനായിരിക്കും അല്ലെങ്കിൽ ചാർവാഹനോ അതുപോലെ മറ്റാരെങ്കിലും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട് കാരണം അദ്വൈതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കേവലം കൊണ്ട് അതിനെ സ്വീകരിക്കാത്ത ഒരു മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും വരും വികല്പങ്ങളും വരും അതെങ്ങനെ സാധ്യമാകും അതിൻ്റെ സമാധാനങ്ങളെല്ലാം ഈ ചർച്ചയിലൂടെ കിട്ടും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ അസംസ്കൃതമായി മുമ്പ് അവർ ചിന്തിച്ചത് വളരെ സംസ്കൃതമായി കാരണം അവർക്കൊരു ചിന്താ പദ്ധതിയുണ്ടായിരുന്നു വൈശേഷികനായാലും ബൗദ്ധനായാലും മീമാംസകരായാലും അവരൊരു സമ്പ്രദായത്തെ പിന്തുടരുന്നു സമ്പ്രദായത്തെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അതിനനേകം ആചാര്യന്മാരുണ്ടായിട്ടുണ്ട് ആ ശിഷ്യ പരമ്പരയിൽ ഇതിനെക്കുറിച്ച് വളരെ ചിന്തകൾ നടന്നു അപ്പോൾ അതിനൊന്ന് പല സിദ്ധാന്തങ്ങളും അവർ സ്വരൂപിച്ചിട്ടുണ്ട് അതാണ് സംസ്കൃതമായ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന വികല്പങ്ങളെന്ന് പറയും അത് പ്രാകൃതമാണ് അതിനടിസ്ഥാനെന്തുകൊണ്ടങ്ങനെ എന്നൊരു ചോദ്യം മാത്രം അതിനാ അടിസ്ഥാനപരമായി നമ്മുടെ ഇതിലൊന്നും വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരും അതങ്ങനെ ശരിയാകും സത്തയാണോ സർവത്തിനോ ആധാരവും അങ്ങനെ ശരിയാകും നമ്മുടെ ഈ പ്രാകൃതമായ ചിന്തകളെല്ലാം അതിനെല്ലാം സംസ്കരിച്ചതാണ് ഈ ദർശനങ്ങൾ വൈശേഷിക മീമാംസ എന്നെല്ലാം പറയും അതുകൊണ്ട് ചിലർ പറയും ഈ ചിന്തകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് പറയും വിശേഷിവിന് ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ ഭാഷകാരൻ അവരെ ഖണ്ണിക്കുന്നു അവർ ചിന്താഗതി ചോദ്യം ചെയ്യുന്നു ഇന്ന് നമ്മളെന്തിനു മനസ്സിലാക്കുന്നു ഇന്നെന്താ അതിൻ്റെ പ്രസക്തിയെന്ന് ചെല്ലു ചിന്തിക്കും പക്ഷെ അതിന് പ്രസക്തി കൊണ്ട് എന്തുകൊണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ പ്രാകൃതമായ ചിന്തകളെ വികല്പങ്ങളെ സംസ്കരിച്ചെടുത്തതാണ് ഇന്നത്തെ നമ്മുടെ പൂർവ്വപക്ഷങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന പൂർവപക്ഷങ്ങളിൽ നിന്നും വളരെ മുമ്പോട്ട് പോയിട്ടുള്ളതാണ് ഈ ദാർശനികന്മാരെന്ന് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്തകൾക്ക് ചോദ്യങ്ങൾക്ക് നമ്മുടെ മനസ്സിൻ്റെ വികല്പങ്ങൾക്കെല്ലാം പ്രസക്തി ഉണ്ടെങ്കിൽ ഇതിനും പ്രസക്തിയുണ്ട് ഇവർ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ഏതൊരു സാധാരണ മനുഷ്യന്റെ മനസ്സിലും വരാവുന്ന രീതിയാണ് പക്ഷേ അത് വൈശേഷിയും മീമാംസ എന്നുള്ള പറഞ്ഞ് പ്രത്യേകിച്ച് പറയുമ്പോൾ അവര് കുറച്ച് സാങ്കേതികത്വവും മറ്റും കൂടിയിരിക്കുന്നുണ്ട് അതിൻ്റെ നിലയിലാണ് ഇവിടെ ഭാഷകാരൻ അവരുടെ ചിന്താഗതികളെ ചർച്ച ചെയ്തത് അപ്പം ഇത് അപ്രസക്തമായ കാര്യങ്ങൾ ഇന്നും പ്രസക്തമായ കാര്യങ്ങളാണ് അവരെന്താണ് പറയുന്നത് വൈശേഷിക പക്ഷേ വിശ്വസാമാനാധികാരങ്ങളും സർവസ്യൂദ്യ സത്തിനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ സത്വപദാർത്ഥങ്ങളിലാണ് അല്ലേ പുസ്തകം അസ്ഥി എന്ന് പറയുന്നത് നമ്മളെന്താ സാറിന് പറയുന്നത് നമ്മുടെ അനുഭവം എന്താണ് ഈ പുസ്തകത്തിൽ ഒരു അസ്തിത്വമുണ്ട് നമ്മുടെ അനുഭവം നമ്മൾ അനുഭവപ്പെടുന്ന ഓരോ വസ്തുവിനും നമുക്കൊരു കൂടി അനുഭവപ്പെടുന്നു മറിച്ചല്ല അത് തന്നെയാണ് ഇവരും പറയുന്നത് സസാമാനാധികരണം എന്ന് പറയുന്നതാണ് സർവശിവതി നമ്മളത് ചർച്ച ചെയ്തതാണ് ഘടകൻ സസാമാനാധികം ദ്രവഗുദ്ധി അനുവദിച്ച സത്യമേം സാഗുത്പത്തിസ് കാര്യം സദേവ ആസീതി വൈശിഷ്കീഹി പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതാനി നിങ്ങളിൽ പറയുന്നതൊക്കെ ശരിയാണിപ്പോൾ സർവത്ര സത് എന്നുള്ള അനുഭവമുണ്ട് ദൃവിഗുണകർമ്മങ്ങളിലെല്ലാം സത്തിൻ്റെ അനുഭവമുണ്ട് ദുർവിഗുണകർമ്മങ്ങൾ സത്ത് എന്നനുഭവപ്പെടുന്നുണ്ട് പക്ഷേ പ്രാഗുത്പത്തി ഉത്പത്തിക്കുന്നു ഇവിടെ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല പറയുന്നു ഉത്പത്തിക്ക് മുമ്പുള്ള കാര്യം പറയണം അല്ലെങ്കിൽ സുഷുതിയിലെ കാര്യം പറയണം നൈവേദം കാര്യം അവിടെ കാര്യമൊന്നുമില്ലല്ലോ ഇതുണ്ടെങ്കിൽ പുസ്തകം മുമ്പിൽ ഉള്ളപ്പോൾ എനിക്കറിയാൻ പറ്റുന്നു അസ്ഥി ഉണ്ട് ഉണ്മ പക്ഷെ സൃഷ്ടിക്കും മുമ്പ് അതുകൊണ്ട് അവരെന്താ പറയുന്നത് സദൈവ ആസി അഭ്യമ്യത വൈശേഷിക്കുകയും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു എന്ന് അവർ സ്വീകരിക്കുന്നില്ല ന്യായവൈശേഷികന്മാർ അവർ സ്വീകരിക്കുന്നില്ല മറിച്ച് എന്താണ് പ്രാപത്വത്തെ കാര്യ അസത്വഭ്യൂമോ അവർ പറയുന്നത് ഒരു കാര്യത്തെ നിങ്ങൾ സത്തെന്ന് പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ഉണ്മയെ അസ്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് സൃഷ്ടമായതിനു ശേഷമേ അത് അംഗീകരിക്കാൻ പറ്റും സൃഷ്ടിക്കുന്നു അതിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ച പിന്നെ സൃഷ്ടിയുടെ ആവശ്യമുണ്ട് അതാണ് പറയുന്ന വ്യക്തി അതുകൊണ്ട് അവരുടെ പറയും ആരംഭവാദം സൃഷ്ടിക്കുന്ന മുമ്പ് അക്കാര്യം എല്ലാം അതിന്റെ അഭാവമാണ് ഉണ്ടായിരുന്നത് ഭാവത്തെയും അഭാവത്തെയും അവർ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിൽ പാത്രത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു പറയാണ് ആ പാത്രം സത്താണ് അതിപ്പോ സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു സൃഷ്ടിക്കു ശേഷവും സത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ സൃഷ്ടിയുടെ ആവശ്യം സൃഷ്ടിക്കുന്നു സത്തായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സൃഷ്ടി മുമ്പ് തന്നെ അതുണ്ടല്ലോ സത്തായിരുന്നു പിന്നെ അതുണ്ടെന്നു കാര്യം സൃഷ്ടിക്കുന്ന മുമ്പുണ്ടെങ്കിൽ പിന്നെ കാര്യത്തിന്റെ ആവശ്യം അതുകൊണ്ട് സൃഷ്ടിക്കുന്ന മുമ്പ് ഒരു വസ്തുവിന്റെ സത്വത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല പ്രാകുത്വത്തെ കാര്യ അസത്വമുള്ള ഒരു അഭാവത്തെ സ്വീകരിക്കുന്നു ഇവിടെ എന്താണെന്ന് പറയുന്നത് സദേവ ഇതം എന്ന് പറഞ്ഞ കാര്യം സൃഷ്ടിക്കുന്നത് സത്തായിരുന്നു എന്നാ എന്നുവെച്ചാൽ ഏകമേവ അസത് അദ്ധീയം പ്രാകൃത്വത്തെ ചന്തി ഏകം അദ്വിതീയം സത് എന്നവർ സ്വീകരിക്കുന്നില്ല അതാണ് വ്യത്യാസം സത്വത്തെ അവർ ദുരവിഗുണകർമ്മങ്ങൾ പക്ഷേ അസത്വ വേഗമാണ് അദ്വിതീയമാണ് സൃഷ്ടിക്കുന്നു അങ്ങനെ ആയിരുന്നു എന്ന് അവർ സ്വീകരിക്കുന്നില്ല തസ്മാത് വൈശേഷിക പരികല്പിത അത് സതോത് അന്യത് കാരണമിതം സദുചിതേ മൃദാതി ദൃഷ്ടാന്തി വൈശേഷികന്മാർ അതുവരെ എത്തിയിട്ടില്ല അവരിതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു അദ്വീതി പറയുന്ന എന്താണോ അവർ പറയുന്ന സത്തല്ല അതിനപ്പുറമുള്ള ഒരു കാരണം സുഷൃത്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുമ്പോൾ സ്ഥിതി തരുന്ന ആ സത്ത് അതിനെയാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് മൃദാതി ദൃഷ്ടാന്ത മൃതാതി ദൃഷ്ടാന്തങ്ങളിലൂടെ എന്താണ് ഒരു കാര്യമുണ്ടായാൽ തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ടായിരിക്കണം കാര്യം സത്താണെന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കാരണവും ആ സ്വത്ത് തന്നെ ആയിരിക്കണം അതാണ് ഇവിടെ സേതുവേദിനോട് പറയുന്നത് നീ ഒരു കാര്യമാണ് നീ ഒരു സൃഷ്ടിയാണ് ആ സൃഷ്ടി ആയിരിക്കുന്നത് നീ എന്താണോ തോം തത് അണമാണ് നീ അതാണോ എന്നാണ് പറയുന്നത് മൃതാദികാര്യങ്ങളെല്ലാം അതുപോലെ അതിൻ്റെ കാരണമാണ് പാത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ടാകുമല്ല അതിൻ്റെ കാരണമാണ് അങ്ങനെ കാര്യകാരണ ബദ്ധമായി ചിന്തിച്ചാൽ സർവവും പരമകാരണമാണ് സർവവും സ്വത്താണ് അത്രമാത്രം വൈശേഷികൾ എത്തിയിട്ടില്ല അതുകൊണ്ട് രണ്ടും കൂടെ പറയുന്നത് ശിവനായും ഞാൻ പറയുന്ന സിദ്ധാന്തം വേറെയാണ് ഞാൻ പറയുന്നത് എന്താണ് ഇതിപ്പോ സത്താണ് ഇത് ഇങ്ങനെ ആകുന്നതിന് മുമ്പ് സത്തായിരുന്നു സർവവും സത്താണ് വൈശേഷികൻ എന്താ പറയുന്നത് ഇതിപ്പോ സത്താണ് സംബന്ധിച്ചു പക്ഷെ സൃഷ്ടിക്കുന്നു ഇത് സത്തായിരുന്നില്ല ആയിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഏതശനും പ്രാഗത്വത്തേർ വസ്ത്ര നിരൂപണേ ഇനി മറ്റ് ചിലർ ഏകെ അന്യ വൈനാശികന്മാരും ശൂന്യവാദികളെയാണ് വൈനാശികൻ എന്ന് പറയുന്നത് കാഷികാരം പറയും മഹാവൈനാശികന്മാർ രണ്ടർത്ഥത്തിനുമാണ് വൈനാശികൾ എന്ന് പറയുന്നത് മഹാനാശങ്ങൾ എന്നുള്ള അർത്ഥത്തിനുമാണ് എത്ര പറഞ്ഞാലും കാര്യം മനസ്സിലാകത്തില്ല അങ്ങനെ പറഗുത്പത്തെഹി വസ്തു നിരൂപണേ സൃഷ്ടിക്കുന്നു എന്താണ് അതിനെക്കുറിച്ചുള്ള നിരൂപണത്തിൽ അവരുടെ അഭിപ്രായം വസ്തു നിരൂപയെന്തോ അഭാവം മാത്രം ജഗത് ഏകമേവ അഗ്രേ അദ്ദേഹം കാരണം അടുത്തുകൂടെ പറയുന്നുണ്ട് അസദേവ ഇതമഗ്രെ ഇത് അസത്തായിരുന്നു അതിനാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അവരും ചിന്തിക്കുന്നുണ്ട് എന്താണ് ഈ പ്രപഞ്ചം എന്താണ് പ്രപഞ്ചത്തിന്റെ കാരണം ഇവിടെ ഭാഷകാലം പറയുന്നു ഇത് സത്താണ് ഇതിൻ്റെ കാരണം സത്താണ് അവരെന്താണ് പറയുന്നത് ഇത് അസത്താണ് അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ കേവലം അഭാവം അതാണ് അവർ പറയുന്നത് വ്യത്യാസം വൈശേഷികന്മാർ പറയുന്നതെന്നും വ്യത്യാസം വൈശേഷികന്മാർ പറയുന്നെന്താണ് സത്ത് അസത്ത് രണ്ടുമുണ്ട് ഈ കാര്യം ഇപ്പോൾ ഇത് സത്താണ് ഇതുണ്ടാകുന്നതിന് മുമ്പ് അസത്താണ് ഇവരെ തന്നെ പറയുന്നത് കേവലം അസത്ത് മാത്രം സർവ്വം അസത്താണ് പിന്നെ ഇതൊക്കെ കാണുന്നതോ അത് ഭ്രാന്തി അത് അദ്വൈതിയെപ്പോലെ തന്നെ സ്വീകരിക്കുന്നു സംപ്രതി എന്നവര് പറയുന്നു ഭ്രാന്തിയാണത് പിന്നെയോ എവിടെയായി ഭ്രാന്തി ശൂന്യതും അഭാവത്തിൽ അതെന്തഭാവമാണ് ഒരു വസ്തു ഉണ്ടെങ്കിലേ അതിൻ്റെ അഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ പുസ്തകമായിരിക്കുന്നു കഴിഞ്ഞാൽ ഈ പുസ്തകം ഇവിടെ നമ്മൾ പറയും ഈ പുസ്തകത്തിൻ്റെ അഭാവം ഉണ്ടെന്ന് അത് പുസ്തകം ഉള്ളതുകൊണ്ടത് ഉണ്ടെങ്കിലേ അഭാവത്തെക്കുറിച്ച് പറയാൻ പറ്റും പുസ്തകത്തിന്റെ അഭാവത്തിന് പ്രതിയോഗി പുസ്തകമാണ് അപ്രതിയോഗി എന്താണ് അഭാവം എന്റെ സത്താണ് സത് പ്രതിയോഗിക അഭാവം അതാണ് വൈശേഷികന്മാരും മറ്റും പറയുന്നത് അഭാവമുണ്ട് പക്ഷെ അതിനൊരു പ്രതിയോഗിയുണ്ട് അതുകൊണ്ട് സർവത്ര അഭാവം എന്നവർക്ക് പറയാൻ പറ്റത്തില്ല സൃഷ്ടിക്കും മുമ്പ് അഭാവം ഉണ്ടാകും സൃഷ്ടിയിൽ ഭാവമായി അതെന്താണ് സത്താണ് ുമ്പോ അഭാവമാണ് പക്ഷേ വൈനാശികന്മാർ ബൗദ്ധന്മാർ പറയുന്നത് അങ്ങനെയാണ് അവർ പറയുന്നത് പ്രതിയോഗി സത്തല്ല അതും അഭാവമാണ് എന്നുദാഹരണം പറഞ്ഞത് ശശവിഷാണം നാസ്തി ശശവിഷാണം ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അഭാവം എന്തില്ലെന്ന് പറഞ്ഞു ശശവിഷാണു അപ്പൊ ശശുഷാണോ അതുമില്ലാത്തതാണ് അപ്പോ ശശുവിഷാണാസ്തി എന്ന് പറയുമ്പോ അവിടെ നാസ്തി ഇല്ലായ്മയുടെ പ്രതിയോഗിയായിരിക്കുന്ന എന്താണ് അതും ഇല്ലായ്മ തന്നെയാണ് അതുപോലെയാണ് ഈ പ്രപഞ്ച ശശുവിഷാണും നാസ്തി എന്ന് പറയുന്നത് എന്നാലും ഇതെല്ലാം അനുഭവപ്പെടുന്നു അത് സമൃദ്ധി ഭ്രാന്തി അതാണ് അസത് അഭാവം മാത്രം പ്രാഗുത്പത്തെഹേ അത് പറയുന്നു സൃഷ്ടിക്കുന്നു കേവലം അഭാവം മാത്രം ഇതം ജഗത് ഏകമേവ അഗ്രേ അദ്വിതീയമാസീ അസത്തായിരുന്നു അതാണ് അവർ പറയുന്നു സത് അഭാവം മാത്രം ഹി പ്രാഗുത്പത്തെഹി തത്വം കൽപ്പയന്തി ബൗദ്ധ സത് അഭാവം അതാണ് അവർ പറയുന്നു എന്താ വിചാരിച്ച സത്വമുണ്ടോ സദാഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം ശശവിഷാണും നാസ്തി എന്ന് പറയുന്നത് ശശവിഷാണൻ നാസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ശശവിഷാണോ ഇല്ലെന്നാണോ അല്ല ഇല്ലാത്ത ശശവിഷാണോ ഇല്ലെന്നാണ് അതുപോലെ ഇല്ലാത്ത കാര്യത്തിന്റെ അഭാവമാണ് ഉത്പത്തിക്കുന്നത് ഉള്ള കാര്യത്തിന്റെ അഭാവമു സത്പ്രതിദ്വന്തി വസ്തുതരം ഇച്ഛന്തി ന്മാരെന്താണ് പറയുന്നത് പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയ്ക്കൊരു പ്രതിദ്വന്തിയുണ്ട് അത് സത്താണ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അതാഭാവം പക്ഷെ അല്ലായ്മയ്ക്കൊരു പ്രതിദ്വന്ദിയുണ്ട് സത് പ്രതിദ്വന്തി പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല അങ്ങനെ ഒന്നില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നു ഉണ്മയുടെ ഇല്ലായ്മ ശശ്യഭുഷാണൻ നാസ്തി എന്ന് പറയുന്നത് പോലെയുള്ളു പ്രതീതിഭ്രാന്തി മനസ്സപ്രതിദ്വന്തിയും വസ്തുരം ഇച്ഛന്തി നയ്യായികന്മാർ പറയുന്നത് പോലെ ഉണ്മയുടെ അഭാവം അതവര് സ്വീകരിക്കുന്നില്ല യഥാ സച്ച അസതി ഗ്രഹ്യമാണ് യഥാഭൂതം തദ്വിപരീതം തത്വം ഭൗതിരി നയ്യായിക നയിാകന്മാരെന്താ പറയുന്നത് സച്ഛ അസതി ഗൃഹ്യമാണ് അവർ ഭാവ ഭാവം രണ്ടിനെ സ്വീകരിക്കുന്നു പുസ്തകമുണ്ട് പുസ്തകത്തിൻ്റെ ഇല്ലായ്മയുണ്ട് രണ്ടും അനുഭവപ്പെടുന്നു അതിൽ അഭാവത്തിന്റെ വിപരീതമാണ് ഭാവം ആ ഭാവം സത്താണ് അഭാവം ഇല്ലായ്മയാണ് ഇത് നയിയകന്മാർ പറയുന്നത് പക്ഷെ അതുപോലെ ബൌദ്ധന്മാർ പറയുന്നവർ അഭാവം മാത്രമേ ശൂന്യം മാത്രം അതങ്ങനെ സ്വീകരിക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരാളാണ് ചോദിക്കുന്നത് അനുസദാവം മാത്രം അഭിപ്രേതും കഥം പ്രാഗുത്പത്തെഹ ഇതം ആസീത് അസത് ഏകമേവ അദ്വിതീയം ചേരി കാലസംബന്ധ സംഖ്യാസംബന്ധോ അദ്വിതീയത്വം ചോദിച്ചേഹി ൗദ്ധന്മാർ പറയണത് സർവും അസത്താണെങ്കിൽ അവരതിനെന്താ സമാനം പറയും അസദേവ ഇതമാ ആസീത് ഇതും അസത്തായിരുന്നു ഏകമേവ അദ്വിതീയം അതിനെങ്ങനെ സമാനം പറയും ശൂന്യമാണെങ്കിൽ അതെങ്ങനെ ഏകമാകും ശൂന്യമാണെങ്കിൽ എങ്ങനെ അത് അദ്വിതീയമാകും ശൂന്യമാണെങ്കിൽ എങ്ങനെ ആസീത് എന്ന് കാലത്തിന്റെ സംബന്ധവനുണ്ടാകും ഒന്നു സാധ്യമല്ലല്ലോ സാധ്യമല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു എല്ലാം അസത്താണെന്ന് കാലസംബന്ധം സംഖ്യാസംബന്ധോ അദ്വിതീയത്വം ദേഹി കഥ മിച്ചതേ അതൊക്കെ എങ്ങനെ പറയാൻ കഴിയും ശുദ്ധ ശൂന്യത്തെ ഒരിക്കലും പറയാൻ കഴിയില്ല പറഞ്ഞാൽ ഈ പറയുന്ന ശ്രുതിക്ക് വിരോധം വരും ബാഠം പറയുന്നത് ശരിയെന്നെയാണ് നയുക്തം ദേഷാം ഭാവഭാവം മാത്രം അഭ്യുഗച്ചതാ അവർ പറയുന്നത് ശരിയാകത്തില്ല കേവലം അഭാവം ഭാവത്തെ സ്വീകരിക്കുന്നില്ല ഭാവത്തിന്റെ അഭാവം മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കും മുമ്പ് അതിന് ഏകമൊന്നും അതിഥിയോ എന്ന് പറയാൻ കഴിയത്തില്ല അസത്വം മാത്രം അഭ്യൂഹമോ അഭി അയുക്തയവ അഭ്യുവന്ത അനഭ്യുഗമ അനുഗത്ത് അവർ പറയുന്നത് എന്താണ് സൃഷ്ടിക്കുന്ന മുമ്പ് കേവലം അഭാവം സുഷുതിയിലും കേവലം അഭാവം മാത്രം അതേവർക്ക് പറയാൻ പറ്റത്തുള്ളൂ സൃഷ്ടിക്കുന്ന മുമ്പ് കേവലം ശൂന്യമാണെങ്കിൽ സുഷുത്തിയിലും ശൂന്യമാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അങ്ങനെ ശൂന്യമെന്ന് പറയുന്നത് ശൂന്യം എന്ന് പറയുക എന്ന് വെച്ചാൽ ശൂന്യെന്നു പറയുന്ന തത്വത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു അങ്ങനെ ഒരു കണ്ടെത്തലിലെത്തിച്ചേർന്നു അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ഞാനതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ശൂന്യത്തെ സുഷുത്തിയിൽ ശൂന്യമാണ് സൃഷ്ടിക്കുന്നു ശൂന്യമാണ് അങ്ങനെ ഒന്നുകഴിഞ്ഞാൽ എന്താ ശൂന്യത്തിൽ നിന്നുണ്ടായതെല്ലാം ശൂന്യം തന്നെ ശൂന്യമേ ഉള്ളൂ പിന്നെ ഈ അനുഭവപ്പെടുന്നത് ഇതൊക്കെ കേവലം ഭ്രാന്തി എന്ന് പറയേണ്ടി ശൂന്യെന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ് ചോദിക്കുന്നു ഈശൂന്യം എന്ന് പറയുന്ന ആ തത്വം സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ഒരു തത്വത്തെ സാക്ഷാത്കരിച്ച അഭിവഗന്ധ ആ സാക്ഷാത്കരിച്ചയാൾ അത് ശൂന്യമാണോ അല്ലയോ അത് ശൂന്യമല്ലാന്ന് പറഞ്ഞാൽ സർവ്വവും ശൂന്യമല്ല അത് ശൂന്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളില്ലെന്ന് അങ്ങനെ ഒരു സാക്ഷാത്കാരമില്ല അങ്ങനെ ഒരു ശൂന്യതത്വത്തെ സാക്ഷാത്കരിക്കുന്നവനും ശൂന്യമാണെങ്കിൽ പിന്നെ ആര് എന്തിനെ സാക്ഷാത്കരിച്ചു അതങ്ങനെ ഒരു ശൂന്യത്തെ സ്വീകരിക്കാൻ കഴിയില്ല ഇതാണ് ബോദ്ധന്മാര് പറയുന്ന ശൂന്യവാദത്തിനെതിരെ ശങ്കരാചാര്യ പ്രയോഗിക്കുന്ന ആയുധം ഇതാണ് ആർക്കാണ് ശൂന്യത എനിക്കാണെങ്കിൽ ശരി നീ ശൂന്യനാണോ ശൂന്യ പിന്നെ സാക്ഷാത്കാരമുണ്ട് ശൂന്യത്തിൽ പിന്നെ ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ശൂന്യത്തിൽ സർവോളിങ്ങി അഭ്യുപഗന്ധു അനഭ്യുഗമ അനുപത്തേഹേ ശൂന്യത്തെ അംഗീകരിച്ചിരിക്കുന്നവന്റെ ശൂന്യത അത് കഴിഞ്ഞാൽ പിന്നെ ശൂന്യത്തെ അംഗീകരിക്കാണില്ല ഞാൻ ശൂന്യത്തെ സാക്ഷാത്കരിച്ചു എന്ന് പറയാനേ ആണില്ല പിന്നെങ്ങനെ ശൂന്യത്തെ സമർത്ഥിക്കാൻ പറ്റും ഇന്നും പലരും പറയുന്നുണ്ട് ബൗദ്ധന്റെ ൗദ്ധ ആശയങ്ങളെ പിന്യുന്നവര് പറയുന്നുല്ലോ ശുദ്ധശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് പറയുന്നു ശുദ്ധ ശൂന്യത്തിൽ നിന്നാണെന്ന് ആര് എവിടെ എപ്പോ അറിഞ്ഞു അത് പറയും ഞാൻ സുഷുപ്തിയിൽ ശുദ്ധശൂന്യമായിരുന്നുണ്ടായിരുന്നു കേവല ശരി സുഹൃത്തിയിൽ കേവല ശൂന്യത്തെ ജാഗ്രത്തിലറിയുന്നു സുഹൃത്തിയിലറിയുന്നു സുഹൃത്തിൽ അറിഞ്ഞു എന്നു പറഞ്ഞാലോ അവിടെ ശൂന്യല്ല കാരണം അറിയുന്നവനുണ്ടായിരുന്നു ജാഗ്രതയിലറിഞ്ഞു പറഞ്ഞാലോ അതേ പ്രശ്നം ജാഗ്രതറിയുന്നവനുണ്ട് ശൂന്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുഭവമോ ഒരു ചിന്താവതിയോ കൊണ്ടുവന്നു വന്നുകഴിഞ്ഞാൽ അതിനെ അറിയുന്നവൻ ചിന്തിക്കുന്നവൻ അവിടെ നിൽക്കും അവൻ ശൂന്യനല്ലാതെയാണ് ശൂന്യനല്ലാത്ത ഒരുവനെ ശൂന്യത്തെ അറിയാൻ കഴിയുമെന്ന് ചുരുക്കം അതുകൊണ്ട് ശൂന്യവാദം അത് ശരിയല്ല സർവശൂന്യമാണ് പറയുന്നു ഞാൻ ശൂന്യം എന്തുകൊണ്ട് പറയുന്നു സുഹൃപ്തിയിൽ ശൂന്യം തന്നെയായിരുന്നു കാരണം അവിടെ ഞാനുണ്ടായിരുന്നു ആരെങ്കിലും പറയുമോ സുഹൃത്തയും ഞാനുണ്ടായിരുന്നു അത് പറയാൻ കഴിയത്തില്ല സുഷുത്തിൽ കേവലം ശൂന്യം മാത്രമായിരുന്നു പക്ഷെ ഉണർന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണോ അപ്പോൾ ശൂന്യമായിരുന്നു പക്ഷെ അപ്പ ഞാൻ ശൂന്യത്തെ സ്വീകരിച്ചിരുന്നു അപ്പം ഞാൻ ഉണർന്നിരുന്നു കൊണ്ട് പറയുന്നു ഇതാനിയും അഭ്യബന്ധ അഭിമുഖം ഞാനിപ്പോൾ സ്വീകരിക്കുന്നു ഞാനത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു സുഷുതി ശൂന്യമായിരുന്നു അപ്പൊ സുഷുതിയുടെ ശൂന്യതയെ അനുഭവിക്കുന്നവൻ ഇപ്പോഴുണ്ട് എന്ന പ്രാകുത്പത്തെഹേ സൃഷ്ടിക്കുന്നു മുമ്പ് അങ്ങനെ ഒരു ശൂന്യത സ്വീകരിക്കുന്നവന് ശൂന്യത അറിയുന്നവൻ വേണ്ട പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഉറക്കത്തിൽ അറിയുന്നു വേണ്ട പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ അറിയുന്നു ഉണർന്നിരിക്കുന്നു ഞാൻ പറയുന്നു ഉറക്കത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു ശൂന്യമായിരുന്നു എന്ന് ഒരൊന്നില്ല അതും ശരിയില്ല പ്രാവുത്വത്തെ സദാഭാവണഭവ പറയുന്നു അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയത്തില്ല സുഷുത്തിയിൽ ശൂന്യമായിരുന്നു സൃഷ്ടിക്കുന്നു ശൂന്യമായിരുന്നു എന്ന് പറയാം എന്തുകൊണ്ട് ീത് പറയുന്നു ഉണർന്നിരുന്നുകൊണ്ടാണ് ഉണർന്നിരുന്നു കൊണ്ട് പറയുമ്പോൾ നിനക്ക് നിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി ആ അസ്തിയിൽ സ്വീകരിക്കേണ്ടി അതുകൊണ്ട് പ്രാപുത്വത്തെ അസുദേവേരി കല്പന സൃഷ്ടിക്കുന്നത് സർവൈശൂന്യമാണ് എന്നുള്ള കല്പനയും യാതൊരു യുക്തിയുമില്ല സത് അസ്ത്വം അതിനെ ഈ ജാഗ്രത്തിലും സൃഷ്ടിക്കുന്നു സുഹൃത്തിയിലും സർവത്ര സ്വീകരിക്കണം അത് ബൌദ്ധന്മാരുടെ പക്ഷ ഇനിയും വരും ഇവിടെ ബൌദ്ധന്മാരുടെ പക്ഷത്തെ നിഷേധിച്ചിരിക്കുന്നു ഇവിടെ ഈ ചർച്ചകൾ വരുമ്പോൾ അദ്വൈതത്തിനും ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ഒരു ചർച്ചകളെ കാരണം ഇത്തരം ചിന്താഗതികൾക്ക് ചിന്തന്മാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കാലത്താണ് ശങ്കരാചാര്യ ഈ അദ്വൈതത്തെ അവതരിപ്പിക്കുന്നത് ീതിന് സമാധാനം പറയാതെ അദ്വൈതത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പറയണ അദ്വൈതമെന്ന് പറയുന്ന അനുഭവല്ലേ അവിടെ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യം അനുഭവം എന്ന് പറയുന്നത് സ്വയം തനിക്ക് മാത്രം പ്രമാണമായ കാര്യമാണ് ഗുരുവിന്റെ അനുഭവം വേറൊരുവന് പ്രമാണമാക്കുന്നു സ്വീകരിക്കാൻ പറ്റത്തില്ല അത് വിവേകമുള്ളവർ സ്വീകരിക്കത്തില്ല ഞാൻ പറയുക ഞാൻ കൊമ്പുള്ള മുയലിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് മാത്രമേ നിലനിൽക്കത്തുള്ളൂ പക്ഷേ ഞാനങ്ങനെ വിശ്വസിക്കുന്നതിന് മറ്റുള്ളവരെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ അന്നുവരെയുള്ളിൽ നിന്നും വ്യത്യസ്തമായൊരു ചിന്താഗതിയാണ് അദ്വൈതത്തിന്റെ മൂല രൂപമാണ് ശ്രുതിയിലുള്ളത് അവിടെ നിന്നും ഈ തരത്തിലുള്ള ചിന്തകളില്ല ഈ തരത്തിൽ അതിനെ വ്യക്തമായി പ്രസിദ്ധവന്തമായി രൂപപ്പെടുത്തുന്നത് ഭക്ഷ്യകാരൻ്റെ ചിന്തയിലാണ് അത് വരുമ്പോൾ ബൗദ്ധൻ്റെയും മീമാംസന്റെയും എല്ലാം ചിന്തകളെ കണക്കിലെടുക്കേണ്ടി വരും അതും അദ്വൈതവുമായിട്ട് താരതമ്യം ചെയ്യേണ്ടി വരും അദ്വൈതത്തിന് വിരുദ്ധമാകുന്നതിന് ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ചിന്ത ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം അദ്വൈതം കേവലം സ്വാനുഭവമാണ് എന്ന് പറഞ്ഞാൽ അവന് കേവലം വിശ്വാസികളെ മാത്രമേ കിട്ടൂ വിവേകികളെ കിട്ടത്തില്ല വിക ചിന്തിക്കുന്നു അവനെ സംബന്ധിച്ചത് കേവലം അനുഭവത്തിനപ്പുറം വിചാരക്ഷമമാണെന്നൂടെ ബോധ്യപ്പെടുത്തുന്നു അത് കേൾക്കുന്നു മനനം അവനപ്പുറം അല്ല അനുഭവം ഒരാളോട് പറയണം ഇതിൻ്റെ അനുഭവമാണ് ഇതിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അവൻ്റെ ശ്രവണം മനനങ്ങളെയൊക്കെ നിഷേധിക്കുകയും ഇതൊന്നും കൂടെ അത് സ്വീകരിക്കാനാണ് അത് സാധ്യമല്ല ഉൽപ്പന്നന്മാർ ശാസ്ത്രജ്ഞന്മാരത് സമ്മതിക്കത്തില്ല അനുഭവം അവരെ സംബന്ധിച്ച അവസാനം കാരണം വിശ്വാസത്തിൽ അനുഭവത്തിൻ്റെ പുറകെ പോകാൻ തയ്യാറല്ല ദാർശനികന്മാർ അങ്ങനെ പോകട്ടുണ്ട് ആധ്യാത്മികമായ ഒരു സാധാരണ വിഷയത്തിൽ ഒരു ഗുരുവിൻ്റെ പിറകിൽ ശിക്ഷയും പോകും വിശ്വാസത്തിന്റെ പേര് പക്ഷെ തത്വചിന്തയിൽ അതില്ല അവിടെ ശ്രവണമനനങ്ങളിൽ നിന്ന് അനുഭവം അങ്ങനെയാണ് പ്രാധാന്യവും ശ്രവണ മനനങ്ങൾക്കാണ് അനുഭവം പിന്നീടെ വരുന്നുള്ളൂ അല്ല അനുഭവത്തിൽ തുടങ്ങി ശ്രവണ വനങ്ങളിലൂടെ പോവുക രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അതുകൊണ്ട് സ്വീകരിക്കാം എന്നുള്ള നിലപാടല്ല അത് സ്വീകരിക്കത്തക്കതാണോന്ന് ആദ്യം പരിശോധിക്കും പരിശോധിച്ചത് സ്വീകരിക്കത്തക്കതാണെങ്കിൽ പിന്നെ അനുഭവത്തിന്റെ കാര്യം ചിന്തിക്കാം അത് അനുഭവത്തിൽ വരുമോ അതാണ് ദാർശന നിലപാട് അതുകൊണ്ട് അടുത്ത് മീമാംസകരെ ഉള്ള അഭിപ്രായത്തെ പറയും ഇത് അസദ്യ ആസീത എന്ന് പറയുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് അസദേവ ഇതമഗ്രഹീതം തുടരുന്ന വാക്യത്തിന്റെ അർത്ഥമുണ്ടാകും അതിനെന്തർത്ഥം ഉണ്ടാവും അർത്ഥമുണ്ടാകാൻ സാധ്യമല്ല എന്തുകൊണ്ട് വസ്വാകൃത ശബ്ദാർത്ഥത്തെ അസേകം ഏവാധി പദാർത്ഥവാക്യാർത്ഥ മീമാംസകർക്കൊരു പ്രത്യേകമുണ്ട് അവരെല്ലാം പദം വാക്യം പദാർത്ഥം വാക്യാർത്ഥം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ അതല്ല നമ്മൾ സാധനം ചിന്തിക്കുന്നത് എന്താണ് വസ്തു വസ്തുവിനനുസരിച്ച് വാക്യം പുസ്തകമസ്തി പുസ്തകം ഇരുപ്പുണ്ട് പീഠി പുസ്തകമസ്തി അപ്പോ ഇടത്തിൽ പുസ്തകം കണ്ടതുകൊണ്ട് നമ്മളങ്ങനെ ഒരു വാക്യം പ്രയോഗിക്കുന്നു ആ വസ്തുവിനനുസരിച്ച് വാക്യം മീമാംസകർ പറയുന്നത് അതല്ല വസ്തു ഉണ്ടോ ഇല്ലയോ അത് രണ്ടാമത് നോക്കാം ആദ്യം പിടേ പുസ്തകമസ്തി വാക്യം ശരിയാണോ എന്ന് നോക്കാം ഈ വാക്യം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പുസ്തകം അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ പ്രത്യക്ഷമാകേണ്ടായിരിക്കുമില്ല വേണമെങ്കിൽ ആക്കാം കാരണം അവർ വേദവാക്യങ്ങളെ പിന്തുടർന്ന് ചിന്തിക്കുന്നവരാണ് അവർക്ക് പ്രാധാന്യം വേദവാക്യത്തിനാണ് ശബ്ദത്തിനാണ് പ്രാധാന്യം ശബ്ദത്തിന് പ്രത്യക്ഷത്തെക്കാൾ പ്രാമാണം കൊടുക്കുന്നവരാണ് അവർ അപ്പൊ ശബ്ദത്തിനനുസരിച്ച് പുസ്തകമസ്തി എന്നുള്ള ശബ്ദത്തിന്റെ പ്രയോഗം ശരിയാണ് ആ ശബ്ദം അതിന്റെ ശക്തിയിലൂടെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമർഥ്യത്തിലൂടെ ഒരർത്ഥത്തെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ശബ്ദം അതിനെ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ ആ സത്യം അതിന് ശബ്ദം സാധുവായിരിക്കും മറിച്ച് ആ ശബ്ദത്തിന് അതിനുള്ള ശേഷിയില്ലെങ്കിലും അസ്വ ആ വസ്തുവില്ല അവിടെ പുസ്തകമസ്തി എന്ന് പറയുന്നു പീഠേ പുസ്തകമസ്തി എന്ന് പറയുന്നതിന് പകരം പറയുന്നു പീഠേ അശ്വമസ്തി എന്ന് പറഞ്ഞ് ഞാൻ പറ്റും പീഠേ ഗൌരസ്ഥി എന്ന് പറഞ്ഞു ഞാൻ സ്വീകരിക്കാൻ പറ്റും കാരണം ആ ശബ്ദം ആർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് സമർത്ഥമുണ്ട് അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതിനുവേണ്ടി ശബ്ദത്തിന് ചില പ്രത്യേകതകൾ അവർ സ്വീകരിക്കുന്നുണ്ട് ശബ്ദാർത്ഥം ആകൃതി എന്നാണ് അവർ പറയുന്നത് ആകൃതി എന്ന് പറയാൻ കാരണം എന്താണ് ഗോഹു എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്നു ർത്ഥബബോധം പശു അപ്പോൾ ആ ജീവിയെ കുറിച്ചുള്ള അർത്ഥബോധം ഉണ്ടാവുന്നു കേൾക്കുമ്പോൾ നാല് കാലും പാലുമുള്ള ഒരു ജീവി പല ജീവികളുണ്ട് പക്ഷെ ഗോ എന്ന് പറയുന്ന ഒരു ജീവി അപ്പോ ഗോ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഏത് ഗോവിനെ കുറിച്ചുള്ള ബോധം വീട്ടിലെ ഗോവാണോ അതോ അയൽവക്കത്തെ അതോ കാട്ടിലുള്ള ഗോവാണോ ഏത് ഗോവിനെ കുറിച്ച് ഞാനുണ്ടാവുന്നത് അങ്ങനെ പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന ഗോ എന്നുള്ള ഞാനും ഉണ്ടാകുന്നില്ല അതങ്ങനെ സംഭവിക്കും എത്ര ഗോ ഉണ്ടെന്ന് നമുക്ക് അറിയത്തുകൂടിയില്ല വരുന്നവടെ ശബ്ദത്തിന്റെ അർത്ഥം വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത് ജാതിയാണ് ശബ്ദ വസ്തു ആകൃതി ജാതി ഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ബോധം വരുന്നത് ഗോത്വജാതികളുടെ സർവ്വ ഗോക്കളുമാണ് ഒരു ഗോവും അവിടെ വിട്ടുപോകുന്നു പക്ഷെ അത് വ്യക്തിയിലൂടെ എല്ലാ ബോധവും ഉണ്ടാകുന്നത് ജാതിയിലൂടെയാണ് ജാതി എന്ന് പറയുമ്പോൾ സർവ വ്യക്തികളിലും ഇരിക്കുന്ന സമാനമായ ധർമ്മം സർവഗോ വ്യക്തികളിലും ഓരോ ഗോവിനെയും കാണുമ്പോൾ ഇത് ഗോ ആണ് എന്ന് തിരിച്ചറിയിക്കുന്നതിനുള്ള എന്തോ ഒരു വിശേഷതയുമ്പതാണ് ജാതി അല്ലെങ്കിൽ പല വിശേഷങ്ങളും കൂടി ചേർന്നിരിക്കാം അത് ജാതി അങ്ങനെയുള്ള ജാതി സർവഗോക്കളിലും ഇരിക്കുന്ന ഏകമാണ് ഗോ എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ഗോവിനെക്കുറിച്ച് നമുക്കങ്ങനെ ജ്ഞാനമുണ്ടാവും ഒരു ഗോവിനെ കാണുമ്പോൾ അശ്വമാണെന്നോ ഒരു അശ്വത്ത് കാണുമ്പോൾ ഗോവാണെന്നോ ബോധം ഉണ്ടാവുന്നില്ല ആണ് വസ്തു ആകൃതി എന്ന് പറയുന്നത് ശബ്ദാർത്ഥത്വേ അതങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മാംസകാരും മറ്റും പറയുന്നതിനനുസരിച്ച് അസദ്േകമേ അദ്വിതീയം ഇത് പദാർത്ഥവാക്യാർത്ഥബോധി അതങ്ങനെ ശരിയാകും അസത് ഏകം അദ്വിതീയം ഇതെല്ലാം ജാതിവാചക ശബ്ദങ്ങളല്ല ഗോ എന്ന് പറഞ്ഞാൽ ജാതിവാചക ശബ്ദമാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ ജാതിവാചക ശബ്ദമാണ് അസതേകം അതിഥിയും എന്നു പറയുന്നത് ജാതിവാചക ശബ്ദമല്ല അല്ലെങ്കിൽ അവിടെ പദാർത്ഥം ഞാൻ ഉണ്ടാകത്തില്ല വാക്യാർത്ഥം ഞാൻ ഉണ്ടാകത്തില്ല വാക്യം അപ്രമാണമായി തീരും അസതീകമേവ അതിഥിയും എന്ന് പറയുന്ന വാക്യത്തിനെന്താണ് പ്രമാണം അതാണ് ഒരു ചോദ്യം അപ്രമാണം പ്രസിദ്ധ ഇതൊക്കെ വളരെ ഗഹനമായ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഭാഷകാരൻ അതിനൊന്ന് പരാമർശിക്കുന്നു നമ്മൾ അതിനൊന്ന് സ്പർശിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഈ ചർച്ചയുടെ ഓടക്കമോടുക്കോ തുടക്കമോ ഒടുക്കമോ ഒന്നും ഇവിടെ നിന്ന് നിൽക്കുന്നില്ല ഇത്ര ഗഹനമാണ് ആകൃതി ശബ്ദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസം ഏകം അദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾക്ക് അർത്ഥമില്ലാതെ വരുന്നു ബാക്കി അപ്രമാണത്തിൽ പദാർത്ഥം ലഭിക്കത്തില്ല അതുകൊണ്ട് തന്നെ വാക്യാർത്ഥം ലഭിക്കത്തില്ല വാക്യം അപ്രമാണമാകും എന്ന് പറഞ്ഞാലോ നൈഷുദോഷ അസദേകമേയോ അദ്വിതോ എന്ന് പറയുന്നത് എന്തിന് പ്രയോഗിച്ചിരിക്കുന്നു സദ്ഗ്രഹണ നിവൃത്തിപരത്വം വാക്യസ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് സത്യം ഇത് മാത്രമാണ് സത്യം എന്നുള്ളൊരു ബോധം ഇത് പരമാർത്ഥം ഇതം നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുകയാണ് നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന ഇത് പരമാർത്ഥമാണ് സത്ഗ്രഹാണ് ഈ പരമാർത്ഥബോധത്തെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസദ് പ്രയോഗിച്ചത് എന്നാ അദ്വൈതത്തിലും ഇതിനും പരമാർത്ഥം എന്ന് പറയുന്നു ദ്വൈതത്തിലും ഇതിന് പരമാർത്ഥം എന്ന് പറയുന്നു അദ്വൈതി എന്താ പറയുന്നത് ഇത് ഇപ്പോ സത്താണ് സൃഷ്ടിക്കുന്നു ഇത് സത്തായിരുന്നു പക്ഷെ ദ്വൈതിയും പറയുന്നു ഇത് സത്താണ് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം പറയുന്നത് മൃത്തുകീവ സത്യം അതാണ് ദ്വൈതി പറയുന്നത് പാത്രവും സത്യമാണ് ഇത് ഏത് രൂപത്തിലാണ് സത്യം മണ്ണായിട്ടാണോ സത്യം അതേ പാത്രമായിട്ടാണ് അവിടെ രണ്ടുപേരും നമ്മുടെ വ്യത്യാസം പാത്രമായിട്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല ദ്വൈതിക്ക് അത് സ്വീകാര്യമാണ് കേവലം മണ്ണായിട്ട് സത്യം എന്ന് പറഞ്ഞാൽ അതാണ് അദ്വൈതി സ്വീകരിക്കുന്നത് സദ്ഗ്രഹണം ദ്വൈതിയെ സംബന്ധിച്ച് ഈ നാമരൂപം ആണ് സത്യം അതിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അസുദേവ ഇതമഗ്ര പറഞ്ഞത് ഇവിടെ അത് വരുത്തുക വാക്യ സാക്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് സത്താണ് എന്ന് പറഞ്ഞാൽ ഇത് അസത് രൂപത്തിൽ ഇത് നശിക്കുന്നതല്ല എന്നാണ് അത് ഇത് ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സത്താണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സത് രൂപത്തിൽ നിലനിൽക്കുന്നു ാമരൂപമായിട്ടല്ല നാമോ രൂപങ്ങളെല്ലാം നശിക്കുന്നത് നമുക്ക് പ്രത്യക്ഷമാണ് തന്നെ അറിയാം പാത്രത്തിൻ്റെ ഒരാകൃതി പോയി വേറൊരു ആകൃതി വരും ഒരു നാമം പോയി വേറൊരു നാമം വരുന്നു അപ്പോൾ അതൊക്കെ നശിക്കുന്നുണ്ടല്ലോ അത് നശിക്കുന്നു എന്നുള്ള അഭിപ്രായം വ്യത്യാസമില്ല പക്ഷെ സദ്രൂപത്തെ സ്ഥിതി നശിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം മൃത്യന്റെ രൂപത്തെ സ്ഥിതി ചെയ്യുന്നു പക്ഷേ കാര്യങ്ങളുടെ രൂപത്തിൽ സ്ഥിതി രണ്ടെന്നുമില്ല വ്യത്യാസം അതുകൊണ്ട് അസുദേവീതമഗ്രീതെന്ന് പറയുന്നതിന് വേണ്ടി ഇതിവിടെ ഇപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാമരൂപാത്മകമായ ഇത് സത്ത മറിച്ച് അതിന്റെ ആധാരമായ സദ്രൂപത്തിൽ ഇത് നശിക്കാത്തതാണ് അതാണ് അദ്ദേഹത്തിൽ തൽപ്പു ശകമേവാ സബ്ബ്ദിന സമാനധികുക് സദ്വാക്വാലംബ്യ സദ്വാക്തവിഷയാം ബുദ്ധിംവാദ്ദേക്ഷണ തഥാ സത് ബാക്യാഥ നിവർത്ത എഴുതി അശ്വാരൂഢയും അശ്വാലംബനോ അശ്വം തത് അഭിമുഖ വിഷയാവർത്തീ തദ്വ ശ്രുതി രണ്ടു കാര്യം പറഞ്ഞു സദേവൈതമഗ്രാസി ഉടനെ പറഞ്ഞു അസദേവൈതമഗ്രഹസിന്ന് ഞാൻ രണ്ടും പറഞ്ഞത് ആദ്യം പറഞ്ഞാണ് ശരിയെന്ന് പറയുന്നത് ഇത് സത്താണ് സത്ത് മാത്രമാണെന്ന് പറഞ്ഞാൽ ശരിയാണ് പിന്നെ രണ്ടാമത് പറഞ്ഞപ്പോ അസത്തെന്ന് അത് ശ്രുതി എന്ന് പറയുന്നുണ്ട് പറയുന്നു അതിനാണെങ്കിൽ സത്ഗ്രഹണം നിവർത്തി വരുത്തുക ഈ നാമരൂപം സത്താണെന്നുള്ള ബോധത്തെ നിവർത്തിപ്പിക്കാൻ താണീ നാമരൂപസത്താണ് നാമരൂപങ്ങളോ ഈ സത്തിലെ അസത്താണോ ഇത് ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഉദാഹരണം പറയുന്നു കുത്തിര സവാരി ചെയ്യുന്നയാള് അങ്ങനെ സവാരി ചെയ്യുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കുന്നോ മലയോ പാറയോ നദിയോ എല്ലാം ഉണ്ടെങ്കിൽ സവാരി ചെയ്യുന്ന ആൾ അതിനെ ഒഴിവാക്കുന്നു അത് അഭിമുഖ വിഷയം ദൂർത്തേ നേരെ വരുന്ന എല്ലാത്തിൽ നിന്നും കുത്തിരയെ മാറ്റിവിടുന്നു എങ്ങനെ കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണ് അല്ല കുതിരയിൽ ഇരുന്നു കൊണ്ട് തന്നെ അപ്പൊ കുതിരയ്ക്ക് നേരെ വരുന്ന വിഷയങ്ങളെ മാറ്റുന്നതിന് കുതിരയെ തന്നെ ആശ്രയിക്കുന്നു കുതിരയിൽ ഇരുന്നാലേ കുതിരയെ നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് കുതിരയെ വഴിതിരിച്ചുവിടുന്നു അതിനെ ആശ്രയിച്ചിട്ട് അതിനാണ് ഉദാഹരണം പറഞ്ഞത് ഒന്നിനെ ആശ്രയിച്ചിട്ട് അതിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നു അതുപോലെ നസത്ത് അസത് അസദേവ ഇതമഗ്രഹീത് എന്ന് പറയുന്ന ഈ വാക്യം എന്താ ചെയ്യുന്നത് നഞ്ഞ് സദ്വാക്യ പ്രയുക്ത സദൈവ ഈദമഗ്ര ആസീത് എന്ന് പറയുന്ന വാക്യത്തിൽ നകാരം പ്രയോഗിച്ചിട്ടാണ് പറഞ്ഞത് അസദൈവീതമഗ്ര ആസീത് ആണ് സദ്വാക്യ പ്രയുക്ത സദ്വാക്യമേവലിയ കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് തന്നെ വഴിയേ അതിനെ തിരിച്ചുവിടുന്നു അതുപോലെ സത്വാക്യത്തിനെ അവലംബിച്ചിട്ട് സദ്വാക്യാർത്ഥബുദ്ധിയും സദ്വേകമേവതിയും ഇതാനീത്യ ഉന്നലക്ഷണം ഏകമേവാധിം എന്ന് പറയുന്ന ആ ബുദ്ധി തഥാ സദ്വാക്യാർത്ഥ എന്ന് പറയുന്ന ആ ഭാവത്തെ ഒഴിവാക്കും ആ ഇത് സത്യമാണെന്നുള്ള നിശ്ചയത്തെ ഒഴിവാക്കുന്നു അങ്ങനെ വരാമല്ലോ പറയുന്ന ഒരു താല്പര്യം ഇതാണിത് സദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സംശയം തോന്നാ ഈ നാമരൂപവും സത്താണ് കുതിരയുടെ പുറത്തിരുന്ന് അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും അപ്പൊ അതിന്റെ പുറത്തിരുന്നതിനെ നിയന്ത്രിച്ച് വഴി തിരിച്ചു കൊടുക്കും അപ്പൊ സദേവ എന്ന് കേട്ടുകഴിഞ്ഞാൽ തോന്നി ഈ നാമരൂപാത്മകമാണ് സത്യവും അതല്ല സത്ത് നാമരൂപങ്ങളാണ് അപ്പോൾ ആ വാക്യത്തെ തന്നെ സ്വീകരിക്കുന്നു സദേവ എന്ന് പറയുന്ന ആ വാക്യത്തെ സ്വീകരിച്ചിട്ട് ഈ നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചം സത്താണെന്നുള്ള ആ അഭിനിവേശം അതിൽ നിവർത്തിപ്പിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് അസത്ത് എന്ന് പറഞ്ഞ വാക്യം പ്രയോഗിച്ചത് സത്താണ് പക്ഷെ നാമരൂപാത്മകമായ പ്രപഞ്ചമല്ല സത് മറിച്ച് സത്തിൽ നാമരൂപാത്മകമായ പ്രപഞ്ചം നിലനിൽക്കുന്നു അത് ശരിയാണ് സത്തിൽ നിന്നതിനു വേർതിരിക്കാൻ അതുകൊണ്ടാണ് നാമത്തിനും രൂപത്തിലുമെല്ലാം സദ് അനുഭവം തുടർച്ചയായിട്ടിരിക്കുന്നു അതേസമയം നാമരൂപമല്ല സത് അതാരോപിതമാണ് അതിനാണ് കുതിരയുടെ ദിഷ എന്ന് പറഞ്ഞത് അപ്പോൾ ആ വാക്യത്തെ ആശ്രയിച്ചുകൊണ്ട് അതിനെ വഴി തിരിച്ചുവിടുന്നു നഞ്ഞുകൂടി ചേരുമ്പോൾ കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് കുതിരയെ നിയന്ത്രിക്കുന്നു കുതിര മാത്രം ഉണ്ടായിട്ടല്ല അവരെ സദ്വാക്യത്തിനോടു കൂടി നഞ്ഞിനെ ചേർത്തിട്ട് ആ സദ്വാക്യത്തെ ആശ്രയിച്ചിട്ട് നാം ഒരുപകം ആത്മകമായത് സത്തല്ല എന്ന് ബുദ്ധിയെ തിരിച്ചുവിടുന്നു അതിനു വേണ്ടിയിട്ടാണ് എന്താണോ നത് പുന സത് അഭാവമേവ അഭിതത്യ അല്ലാതെ അസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവിടെ ശൂന്യമാണ് സത്തിന്റെ അഭാവമാണെന്നല്ലേ പറയുന്നത് അസത്തെന്ന് പറയുന്നതിന്റെ ചുരുക്കം ഇതാണ് അസത്തെന്ന് പറയുന്നതിന്റെ താല്പര്യം ഈ നാമരൂപാത്മകമായ ഈ അനുഭവം സത്തല്ലാതെ അസത്താണ് മറിച്ച് സത്തിലാണ് ഈ അനുഭവം അതാണ് ഇവിടെ പറയുന്നത് താല്പര്യമാണ് ഈ അനുഭവങ്ങളെല്ലാം സത്തിലാണ് ഇവിടെയാണ് ഒരു ചെറിയ ആശയക്കുഴപ്പം വന്നിരിക്കുന്നത് ബുദ്ധിക്ക് ഒരുവിനെന്ത് കരുതുന്നു ഈ നാമരൂപാത്മകമായ ഈ അനുഭവം എല്ലാം സത്താണ് വരുന്നു അവിടെ ആശയം വ്യക്തമാണ് ഇവിടെ എന്താണ് അദ്വൈതി പറയുന്നത് സത്തിൽ നാമരൂപാത്മകമായ അനുഭവങ്ങളല്ല അതുകൊണ്ട് സത്തിൽ നിന്ന് നിന്നെ വേറിതിരിക്കാൻ വയ്യ കാരണം സത്തിലാണ് ഈ അനുഭവം അതെങ്ങനെ വേറിതിരിക്കാൻ പറ്റൂ സത്ത് ഉ അതിൽ നിന്നും പുസ്തകത്തിന് വേടിതിരിക്കാൻ പറ്റും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അസ്തിത്വം ഓരോ വിഷയത്തിനും അനുഭവപ്പെടുന്നു ആ അസ്തിത്വത്തിൽ നിന്നും വിഷയത്തെ വേർതിരിക്കാതാര്ക്ക് കഴിയും അതൊരിക്കലും സാധ്യമല്ല അതേസമയം വിഷയങ്ങളെ മിഥ്യാണെന്ന് പറയുകയും ചെയ്യുന്നു ഇത് രണ്ടും ശരിയാണ് വിഷയങ്ങൾ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മിക്കയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്താ എന്റെ താല്പര്യം എന്നെ സത്ത് നിന്ന് കേൾതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇതിന് സത്യമെന്ന് പറഞ്ഞുകൂടെ ത്മകമായ ഇത് സത്യമാണ് എന്ന് പറഞ്ഞുകൂടെ അത് പറയാൻ പറ്റില്ല അതാന്ന് പറഞ്ഞ അസദേവ ഇത് അസത്താണ് അവിടെ ഇല്ലായിരുന്നിവിടെ എങ്ങനെ സത്യമാവും നാമരൂപാത്മകമായിരിക്കുന്ന ഇതിനെ ഇവിടെ എന്തുകൊണ്ട് സത്യം എന്ന് പറഞ്ഞുകൂടാ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത് സുഷുതിയിൽ ഇത് സത്യമായിരുന്നില്ല അതാണ് നേരത്തെ പറഞ്ഞത് സത്ഗ്രഹണം നിവൃത്തി അസദേവ ഇത് അസത്തായിരുന്നു അസത്തായിരുന്നതിന് ഇവിടെ എങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും അസത്യമല്ലോ കുറച്ചു കാലം ഇല്ലാതിരുന്നു പിന്നീട് ഉണ്ടാകുക അതിന് സത്യം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അവിടെ അതുകൊണ്ടാ സദാ സദേവ അതാണ് പറഞ്ഞു കുതിരയിൽ കയറിയിരുന്നു കൊണ്ട് അതിനെ ആശ്രയിച്ചിട്ട് തന്നെ താൻ ഉദ്ദേശിക്കുന്ന ആ സത്വം സമർത്ഥിക്കുന്നു അതിനെ ആശ്രയിച്ചിട്ട് മറിച്ച് ആ വാക്യത്തെ ആശ്രയിച്ചിട്ട് ശൂന്യത്തെ സമർത്ഥിക്കുകയല്ല അസ്യദേവീത അഗ്രമാസീതം തുടരുന്ന ഈ വാക്യത്തിന്റെ ആവശ്യം വന്ന ഇവിടെ ഈ ജാഗ്രത്തിലാണ് എന്തിനു വേണ്ടി ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ അനുഭവം സത്യമല്ല എന്ന് ബോധിപ്പിക്ക എന്തുകൊണ്ട് സത്യമല്ലായിരുന്നു അതുകൊണ്ട് അതവിടെ ഉണ്ടായിരുന്നില്ല ഇനി അങ്ങനെ എപ്പോഴാണോ ആ സുഹൃപ്തിയിലേക്ക് പോകുന്നത് അവിടെ ഇല്ല ഈ അനുഭവമില്ല ഈ അനുഭവമില്ലെങ്കിൽ ഈ വസ്തു നാമരൂപങ്ങളുമില്ല അനുഭവത്തിൽ നിന്ന് വസ്തുക്കൾ വേർതിരിക്കാനും പ്രയാസം സ്വപ്നത്തിൽ നിന്ന് സ്വപ്ന ദൃശ്യങ്ങൾ വേർതിരിക്കാനൊക്കെ തന്നെ ർക്ക് കഴിയും സ്വപ്നം കണ്ടിട്ടുള്ള ആർക്കും കഴിയത്തില്ല അസ്വപ്ന അനുഭവത്തിൽ നിന്ന് സ്വപ്ന ദൃശ്യങ്ങളെ വേർതിരിച്ചെടുക്കും അനുഭവത്തിൽ നിന്നും വിഷയത്തെ വേർതിരിക്കാൻ ഒക്കത്തന്നു അനുഭവം സത്യമാണ് വിഷയങ്ങളോ നാമരൂപങ്ങളോ അസദൈവോ നാമരൂപങ്ങൾ സത്യമല്ല എന്തുകൊണ്ട് അത് അവിടെ ഉണ്ടായിരുന്നില്ല പ്രാഗുത്പത്തേഹേ ഉത്പത്തിക്കുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് രണ്ടിന്റെയും താല്പര്യമൊന്നും സദൈവൈതമര ആസീത് എന്ന് പറഞ്ഞാലും അസദൈവൈതമന്ത്ര ആസീതെന്ന് പറഞ്ഞാലും താല്പര്യമൊന്നും അത് രണ്ടും പറയണമെന്നാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ പറയുന്നു സതേവ ഇതം പറഞ്ഞു ഇത് സൃഷ്ടിക്കുന്നത് സത്തായിരുന്നു എന്നിട്ടിനി പറയും സൃഷ്ടിക്കുമ്പല്ല സൃഷ്ടിക്ക ശേഷം ഇത് സത്ത് തന്നെ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്വൈതി എന്താ വിശേഷിച്ച് പറയുന്നത് സൃഷ്ടിക്കുന്നു ഇത് സത്തായിരുന്നു സൃഷ്ടിക്ക ഇത് സത്താണോ ഇതെന്താ വിശേഷത ഇതെല്ലാം സത്യമാണെന്നാണല്ലോ ചാർവാഹനും പറയുന്നു അതിനുവേണ്ടി പറഞ്ഞു അസദേവ അസത്താമ നാമരൂപങ്ങളെ സംബന്ധിച്ച് എത്തിച്ചേരുന്ന നിഗമനം ഇതാണ് എന്താണ് ഒന്ന് ആ നാമരൂപങ്ങളെ ആ സത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്നത് സത്യം ഇന്നത് മിച്ചു വേറിതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കാരണത്തോട് അനന്യമായിരിക്കുന്നതുകൊണ്ട് അത് സത്ത് തന്നെ അല്ലേ അതെന്ന് പറഞ്ഞ് നിർത്തികെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞതാണ് അതിന് വേർതിരിച്ചെടുത്താൽ മതി അതുകൊണ്ട് അത് തന്നെ പാത്രത്തെ മണ്ണെന്ന് വേട്തിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് പാത്രം മണ്ണ് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ വ്യക്തിഭംഗം എന്താനും കാണുന്നുണ്ടല്ലോ ആകൃതി ആ നാമം അത് നശിച്ചുപോകുന്ന നമ്മൾ കാണുന്നുണ്ട് അത് മണ്ണിലൊന്നും നിലനിൽക്കുന്നതായി കാണുന്നില്ല ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു പിന്നീട് പറഞ്ഞില്ല അപ്പോൾ അത് നശിച്ചുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ സത്യം എന്ന് പറയാൻ പറ്റും അപ്പൊ സത്യം സത്ത് അസത്ത് സത്യം അസത്യം സത്യം മിഥ്യ എന്നെല്ലാം പറയുന്നതിന്റെ അതിർ വളരെ സൂക്ഷ്മമാണ് വളരെ സൂക്ഷ്മമാണ് അത് വളരെ സ്ഥൂലമായി ചിന്തിക്കുമ്പോഴ രണ്ട് കാര്യങ്ങളാണ് സൂക്ഷ്മമായി ചിന്തിപ്പം ഇത് ഒന്ന് തന്നെ പറയുന്നു അതുകൊണ്ട് ഏത് ഭാഷ ഉപയോഗിച്ചാലും ശരി തത്വം ഒന്നു തന്നെ സദൈവ ഇതമഗ്രഹാസീതെന്നു അസദൈവ ഇതമഗ്രഹാസീതെന്നു എന്ത് വേണോ പറയാം വാക്യത്തിലല്ല മീമാംസകർ പറയുന്നത് അത് ശബ്ദം ജാതി ബോധിപ്പിക്കുന്നു ഇവിടെ ജാതിയില്ല അതുകൊണ്ട് പദാർത്ഥം ഉണ്ടാകത്തില്ല വാക്യാർത്ഥം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു സിദ്ധാന് പറയുന്ന അതല്ല ഇവിടെ രണ്ടു വാക്യവും ഒന്ന് തന്നെ സദേവൈദമ ഗ്രാസി എന്ന് പറയുന്നത് നമ്മളെത്തിക്കുന്നവരുടെ അടുത്ത് അസതൈവൈതമ ഗ്രാസീതെന്ന് പറഞ്ഞാലോ മുമ്പിലുള്ള തടസ്സങ്ങളിൽ നിന്നും മാറ്റി അത് ലക്ഷ്യത്തിലെത്തിക്കും മറ്റു കുറച്ചുകൂടെ നേരെ സദേവ എന്ന് പറഞ്ഞു ഇതൽപ്പം വളഞ്ഞു അതുകൊണ്ട് തന്നെ അതുപോലെ സദാഭാവമേവ അഭിതത്തെ കേവല സദാഭാവത്തെ പറയുകയാണ് അസത്തെന്ന് പറയുന്നുണ്ട് അപ്പം ഏത് വഴിക്ക് ചിന്തിച്ചാലും ആ സത്യത്തിന്നെ എത്തിച്ചേരുന്നു അദ്വൈതി മിഥ്യ എന്ന് പറയുന്നു അദ്വൈതി മിഥ്യ എന്ന് പറഞ്ഞിട്ട് മിഥ്യയിലെത്തിച്ചേരുന്ന അദ്വൈതി മിഥ്യ എന്ന് പറഞ്ഞിട്ട് സത്യത്തിലെത്തി എത്തിച്ചേരുന്നു സത്യം എന്ന് പറഞ്ഞാലോ അത് പറഞ്ഞാലോ അവിടെ തന്നെ എത്തിച്ചേരുന്നു ശൂന്യം എന്ന് പറഞ്ഞാലോ അവിടെ തന്നെ എത്തിച്ചേരുന്നു ഏതു വഴിക്ക് അവിടെ തന്നെ എത്തിച്ചേരുന്നത് അദ്വയം അദ്വിതീയം അദ്വൈതം എന്നെല്ലാം പറയുന്നു രണ്ട് കാര്യങ്ങളും കൂടെ സാധിക്കും ഒന്നെന്താണോ ആ വസ്തുവിനെ നേരിട്ട് ബോധിപ്പിക്കും മറ്റൊന്നെന്താണോ അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങളെ മാറ്റുക രണ്ടു കാര്യങ്ങളും ശാസ്ത്രം ചെയ്യും നേരിട്ട് ബോധിപ്പിക്കുമ്പോൾ തടസ്സം വന്നുകഴിഞ്ഞാൽ അനുഭൂരപ്പെടുത്തിരുന്നവൻ രണ്ട് കാര്യമേക്കും ഒന്ന് കുതിരയിലിരുന്നുകൊണ്ട് അവന് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു സദൈവ അത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് പക്ഷെ ആ യാത്രയിൽ അവൻ മറ്റൊന്നുകൂടി ചെയ്യുന്നുണ്ട് ആ കുതിരയിലെ അവനെ നിയന്ത്രിച്ചുകൊണ്ട് വഴിയിലുള്ള തടസ്സങ്ങളെ മാറ്റുന്നു അതാ സദൈവാ രണ്ടു കാര്യം നേരെ മുമ്പിൽ വരുന്ന തടസ്സത്തെ മാറ്റാതെ മുമ്പോട്ട് പോകാൻ പറ്റും വഴി അല്പം വളഞ്ഞു പോയാൽ ലക്ഷ്യത്തിലെത്തുന്നു വഴിക്കൊരു മല കണ്ടുകഴിഞ്ഞാൽ അതിന് ഒഴിഞ്ഞു പോകുന്നു അല്പം വളഞ്ഞു പോകും അന്ന് അസദൈവ പക്ഷെ ഇവിടെ ആ തന്നെ എത്തിച്ചേരുന്നു വഴിക്ക് തടസ്സങ്ങളുമില്ല അത് സദൈവ നേരെ എത്തിച്ചേരുന്നു ഇതാണ് അദ്വൈതിയുടെ നിലപാട് അതിനു വേണ്ടിയിട്ട് രണ്ടു ആവശ്യമുണ്ടെന്നാണ് നേരിട്ട് നേരിട്ട് ബോധിപ്പിക്കുകയല്ല തത്വത്തെ അതോടൊപ്പം തന്നെ തത്വത്തിന്റെ വിഘ്നങ്ങളെ തടസ്സങ്ങളെ മാറ്റം ചെയ്യുന്നു അതാണ് അടുത്ത് പറയുന്നത് ദർശയിത്വാഹി വിപരീതഗ്രഹണം തത്വം നിവർത്തിയതും ശക്യത്തെ വിപരീത ബുദ്ധി എന്താണതിനെ കാണിക്കും തടസ്സത്തെ കാണിച്ചിട്ട് ഒഴിഞ്ഞു പോകും കണ്ടിട്ട് അതുപോലെ വിപരീതഗ്രഹണത്തെ കാണിക്കുന്നു ഇവിടെ എന്താ വിപരീതഗ്രഹണം ഈ നാമരൂപാത്മകമായ അനുഭവം അതിനെ കാണിച്ചു തരുന്നു കാണിച്ചിട്ട് തത്വം നിവർത്തിയ ദിശക്യത അതിൽ നിന്ന് ഒഴിവാക്കുന്നു ഇത് അർത്ഥവ അസദാദിവാക്യസ്യ ശ്രൗതത്വം പ്രാമാണു അതുകൊണ്ട് ഈ അസത്വം തുടങ്ങിയ വാക്യങ്ങൾ വിപരീത അർത്ഥമൊന്നും നമുക്ക് തോന്നിപ്പോകുന്ന വാക്യങ്ങൾ അതും ആ സത്യത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത് ഇവിടെ എന്താണ് മീമാംസകരും മറ്റും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവരതിന്റെ അർത്ഥത്തെ വേറിതിരുത്തി കളിപ്പിച്ചു അദ്വൈതി പറയുന്നു ഇവിടെ അദ്വൈതത്തിന് എതിരായി ശ്രുതിന്റെ എന്തെങ്കിലും വാക്യത്തെ കണ്ടു കഴിഞ്ഞാൽ ആ വാക്യങ്ങളും അദ്വൈതത്തെ സഹായിക്കുന്നതാണ് എന്തിനു വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നതിന് അതിന്റെ ആവശ്യമാണ് ശ്രുതിയിൽ ദ്വൈതപരമായ വാക്യങ്ങൾ ധാരാളമുണ്ട് എല്ലായിടത്തും അദ്വൈതം എന്താ പറയുന്നു അതുകൊണ്ടാണ് അതിനെ ദ്വൈതപരമായ വ്യാഖ്യാനിച്ച് ആരാധിക്കുന്നത് ഇതിലേതിനെ സ്വീകരിക്കുമെന്ന് നമ്മൾ ചോദിക്കും ഒരിടത്ത് അദ്വൈതം പറയുന്നു ഒരിടത്ത് ദ്വൈതം പറയുന്നു നിങ്ങളുടെ ഒരു കൂട്ടർ പറയുന്നു അദ്വൈതമാണ് ശരിയെന്ന് വേറൊരു കൂട്ടർ പറയുന്നു ദ്വൈതമാണ് ശരിയെന്ന് രണ്ടും ഒരേ വേദത്തിൽ പറയുന്നു ഇതിന് ഏതിന് സ്വീകരിക്കും കേൾക്കുന്നവൻ ആശയക്കുഴപ്പത്തിൽ അദ്വൈതത്തെ സ്വീകരിക്കണോ അത് അദ്വൈതത്തെ സ്വീകരിക്കുന്നു അദ്വൈതി പറയുന്ന എന്താണ് ഇവിടെ അങ്ങനെ രണ്ട് കാര്യങ്ങളെ ബോധിപ്പിക്കുന്ന വാക്യമേ ഇല്ല ശ്രുതി ശ്രുതിയിൽ സർവത്ര ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് അപ്പോൾ ഈ ദുരിതപരമായിട്ടുള്ള വാക്യങ്ങളോ ഇതെല്ലാം ദുരിതത്തിൽ നിന്ന് മനസ്സിനെ നിവർത്തിപ്പിക്കാനുള്ളതാണ് വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു മറ്റൊന്ന് വിപരീതഗ്രഹണത്തെ നിവർത്തിപ്പിച്ചിട്ട് ബോധിപ്പിക്കുന്നു ഇത്യദോഷ അതുകൊണ്ട് സർവവാക്യങ്ങളും പ്രമാണമാണ് ആ അദ്വൈതത്തിൽ നിഷ്ഠയുള്ളവനെ സംബന്ധിച്ച് അല്ല അദ്വൈത എന്ന് പറയുന്ന ആശയത്തെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനേത് വാക്യത്തിൽ നിന്നും അതിൽ നിന്ന് ഗ്രഹിക്കും തസ്മ ദസദ സർവഭാവരൂപ സദ്ധ്യമാനം അജായത സമുത്പന്നം അതിന്റെ അദ്വൈതത്തെ സംബന്ധിച്ച് ഒരാൾ കാശ കുഴപ്പം എങ്ങനെയാണ് ഞാൻ അദ്വൈതിയായി മറ്റൊരുവൻ അദ്വൈതിയാകുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഞാൻ അദ്വൈതയായത് പഠിച്ചു കഴിഞ്ഞു വേറൊരുവൻ എന്തുകൊണ്ട് അദ്വൈതി ആയില്ല അദ്വൈതി ആവനും പഠിച്ചിട്ടാണ് രണ്ടുപേരും ഒരേ വേദമാണ് പഠിച്ചത് ഒരുത്തൻ ദ്വൈതിയായി ഒരുവൻ അദ്വൈതിയായി ദ്വീരിയായവനെ സംബന്ധിച്ച് ആശയക്കുഴപ്പമൊന്നുമില്ല അദ്വൈതിക്കാണ് ഇപ്പോൾ ആശയക്കുഴപ്പം എന്താണ് അവൻ എന്തുകൊണ്ട് അദ്വൈതി ആയില്ല ഞാൻ പഠിച്ച അതേ വേദമാണല്ലോ അവനും പഠിച്ചത് നമുക്കത് പറയാറു എന്തുകൊണ്ടാൾക്കാർ ഈ ദ്വൈതത്തിൽ കിടക്കുന്നു എന്തുകൊണ്ട് എല്ലാവരും അദ്വൈതത്തിലേക്ക് വരുന്നില്ല അങ്ങനൊരാഗ്രഹം ശരിയായ അദ്വൈതം സംബന്ധിച്ചില്ല എന്തുകൊണ്ടില്ല കാരണം അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം വിപരീതഗ്രഹണം അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം വേദവാക്യത്തിൽ നിന്ന് തന്നെ വിപരീതഗ്രഹണമാണ് ഉണ്ടായിരുന്നത് അപ്പം അവിടെ ആ വിപരീതഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്ന തരത്തിൽ വേദവാക്യങ്ങൾ അവനെ സഹായിച്ചില്ലാത്തേ അതുകൊണ്ടവൻ വിപരീത ഗ്രഹണത്തിൽ ദ്വൈതത്തിലിരിക്കുന്നു അല്ല അദ്വൈതിക്ക് ആശങ്ക തസ്മാസഹ സർവഭാവരൂപ സദ്വിദ്യമാനം അജായത സമുത്പന്നം അതുകൊണ്ട് സിദ്ധാന്തം കൂടെ എന്താണ് പറയുന്നത് അസദ ശ്രുതി രണ്ടാമത് പറയുന്ന ആസത്തിൽ നിന്നോ സർവാഭാവരൂപ സർവഭാവരൂപമായ അസത്തിൽ നിന്നും വിദ്യമാനം അജായത ഇതെല്ലാം ഉണ്ടായി വീണ്ടും എവിടെയത്തെ സർവാഭാവരൂപമായ അസത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിപരീത ഗ്രഹണത്തെ നർത്തിപ്പിക്കുന്നു സർവാഭാവം ഈ കാണുന്ന നാമരൂപാത്മകമായ സർവത്തിൻ്റെ അഭാവം അല്ലേ ഈ കാണുന്ന നാമരൂപാത്മകമായ സർവത്തിന്റെ അഭാവമായ സുഷുതി അവിടെ നിന്ന് ഈ നാമരൂപാത്മകമായി ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നതിന് എന്താ ദോഷം അല്ലെങ്കിൽ വേറെ രീതി പറയും എന്താണോ ഈ നാമരൂപാത്മകമായി ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥ സുഷുതി അങ്ങനെ പറഞ്ഞാ മനസ്സിലാക്കിയ മരൂപാത്മകമായ ഇതൊന്നുമില്ലാതിരുന്ന അവസ അതിൽ നിന്നും നാമരൂപാത്മകമായ ഈ അവസ്ഥയിലേക്ക് വന്നു സൃഷ്ടിച്ചു എന്നും പറയേണ്ട കാര്യം അതംഗീകരിക്കാമോ നാമരൂപാത്മകമായ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്നും നാം രൂപാത്മകമായ ഈ അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ പറയുന്നു അജായത സമുത്പന്നം അടഭാവഛന്തസ അജായതാന്നുള്ളത് മന്ത്രത്തിൽ ജായതാന്നെയുള്ള ലങ്ങില് നിയമപ്രകാരം അടാഗമം വരണം അത് വന്നിട്ടുണ്ട് വ്യാകരണ നിയമം അനുസരിച്ച് ലുങ് ലങ് ലു ഷടു ദാത്ത എന്നെല്ലാം പാണിഞ്ഞ് പറയും അതുകൂടെ സംഭവിച്ചില്ല അതുകൊണ്ടാണ് പറയുന്നത് തസ്മാസഹ സായതാന്ന് പറഞ്ഞു അജായതാന്നോ ഏത് ശബ്ദം എങ്ങനെ പ്രയോഗിച്ചാലും ശരി ആത്യന്തികമായി ആ സത്തിൽ തന്നെ എത്തിച്ചേരും അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാന വിഷയം തത്വത്തെ മനസ്സിലാക്കിയിട്ടാണ് അതുകൊണ്ട് അസദേവ ഇതമഗ്ര ആസീതെന്നോ സദേവ ഇതമഗ്ര ആസീതെന്നോ ഏത് തരത്തിൽ പറഞ്ഞാലും ശരിക്കും ഇവിടെ പറയുന്നത് ആ സത്തയെ അതിനെയാണ് ബോധിപ്പിക്കുന്നത് ആ സത്ത ജഗത് കാരണമാണ് ഈ ജഗത് എന്ന് പറയുന്ന കാര്യത്തിലും ആ സത്തയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പുലസേതേതുവിനും ഉപദേശിക്കുന്നത് എന്താണോ നീ ആ സത്തയാണ് തത്വം കാര്യമായി എന്നെക്കുറിച്ച് നീ സ്വയം കരുതുന്ന ഈ നീ കാര്യമല്ല മനസ്സെന്താണോ സത്താണോ ഏത് വാക്യത്തെടുത്ത് വിചാരം ചെയ്താലും അവിടെ തന്നെ എത്തിച്ചേരും അപ്പം നിഷേധപരമായി വരുന്ന നഞ്ഞു ചേർത്ത് വരുന്ന വാക്യങ്ങളല്ല അത് വിപരീതഗ്രഹണ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അല്ലാതെയുള്ള വാക്യങ്ങൾ സദേവ തുടങ്ങിയ വാക്യങ്ങൾ നേരിട്ട് അതിനെ ബോധിപ്പിക്കുന്നു ഇതാണ് ശ്രുതിയുടെ താല്പര്യം എന്നാണ് നമ്മൾ കാണിരിക്കുന്നത്